ഞാൻ അവരെ വഴിതെറ്റിക്കും അവർക്ക് വ്യാജമായ പ്രതീക്ഷകൾ നൽകും ഞാൻ അവരോട് കൽപ്പിക്കും അങ്ങനെ അവർ കന്നുകാലികളുടെ ചെവികൾ കീറുകയും ചെയ്യും അള്ളാഹുസുബഹാനഹൂവത്തയാലയുടെ സൃഷ്ടിപ്പുകളെ മാറ്റാൻ ഞാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്യും അള്ളാഹുസുബഹാനഹൂവത്തയാലയ്ക്കു പകരം പിശാജിനെ രക്ഷാധികാരിയായി സ്വീകരിച്ചവൻ തീർച്ചയായും വ്യക്തമായ നഷ്ടം സംഭവിച്ചവനായിരിക്കുന്നു